അടുത്ത പറയുന്നു തഥാഹി ബ്രാഹ്മണോ യജേത ഇത്യാദീന് ശാസ്ത്ര ആത്മനി വിശേഷാധ്യാസം ആത്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ശാസ്ത്രങ്ങളെല്ലാം അവിദ്യ ആശ്രയിച്ചിട്ടാണ് വിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് പറയും അത് വിശദീകരിക്കാണ് അതായത് അജേത ഇത്യാദിന് ശാസ്ത്ര ബ്രാഹ്മണൻ യാഗം ചെയ്യേണ്ടതാണ് ഇത്യാദി ശാസ്ത്രങ്ങൾ ഈ ശാസ്ത്രങ്ങളെല്ലാം ആത്മനി ആത്മാവിൽ മർണം എന്ന ആശ്രമം ചതുരാശ്രമം ും ബ്രചര്യം ഗർഭസ്ഥയും പ്രസ്ഥം സന്യാസം വയസ്സ് പ്രായം അവസ്ഥ രോഗം പോലെയുള്ള അവസ്ഥകൾ ഇത്യാദി വിശേഷ അധ്യാസം തുടങ്ങിയ വിശേഷാധ്യാസം ഇതുപോലെ പ്രത്യേകം പ്രത്യേക അധ്യാസങ്ങൾ ആശ്രിത്യ പ്രവർത്തനത്തിൽ ഇതിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിന് കാമധികാരം വ്യാഖ്യാനിക്കുന്നു സത്യം ഔപനിഷപുരുഷ അധിഗമോ അധികാര വിരോധി ഔപനിഷതപുരുഷ അതാണ് ഉത്തരകാന്ഡത്തിൽ പറയുന്ന കർത്താവും ഉപഭോക്താവുമായ പുരുഷ അതിന്റെ അധികമം എന്ന് വെച്ച ജ്ഞാനം ഇതിനാണ് ആത്മജ്ഞാനം എന്ന് പ്രമ ഇതാണ് പ്രമ പൂർവകാന്ഡത്തിൽ പറയുന്ന പ്രമേ ഈ അധികമം അധികാര വിരോധി കർമ്മത്തിന് വിരോധിയാണ് അതൊക്കെ ഒന്ന് ആത്മാഅ അവർത്താവണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവന് കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ വൈദികർമ്മ തസ്മാ പുരസ്താത് കർമ്മികൾ അതിനു മുമ്പുള്ള കർമ്മവിധികൾ പൂർവകണ്ഡത്തിലെ കർമ്മവിധികൾ സ ഉചിതം വ്യവഹാരം നിർവർത്തയന്തോ ആ വിധിക്കനുസരിച്ചുള്ള വ്യവഹാരം എന്നുവെച്ചാൽ കർമ്മങ്ങളെ നിർവഹിപ്പിക്കുന്നു അനുഷ്ഠിപ്പിക്കുന്നു വിധി എങ്ങനെയാ ആ വിധിക്കനുസരിച്ച് ആൾക്കാർ കർമ്മങ്ങൾ ചെയ്യുന്നു അനുസരിച്ചുള്ള വ്യവഹാരം കർമ്മങ്ങൾ നിവർത്തയെന്ന് വെച്ചാൽ നിർവർത്തയന്താന്ന് വെച്ചാൽ അനുഷ്ഠിപ്പിക്കുന്നു എന്ത് വിധി ഏത് വിധികൾ പൂർവകാന്ഡത്തിലെ വിധികൾ കർമ്മകാന്ഡത്തിലെ വിധികൾ അത് ബ്രഹ്മജ്ഞാനേന ശക്യാ നിരോധം അതിനെ ബ്രഹ്മജ്ഞാനം തടയത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനമെന്ന് പറയുന്നത് ഉത്തരകാന്ഡത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് ഇപ്പൊ പൂർവകാന്ഡത്തിൽ പറയുന്ന കർത്താവും ഭോക്താവുമായ ആത്മാവിന് പറയുന്ന കർമ്മങ്ങൾ അവൻ അതിനധികാരിയായിട്ടുള്ളവനും അത് ചെയ്യും അതിനെ ഉത്തരകാണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം തടയത്തില്ല അതാണ് രണ്ടാൾക്കാരാണ് പുറകാണ്ഡത്തില് അവിദ്യയുള്ളവനാണ് അജ്ഞൻ ആണ് യാഗം ചെയ്യുന്നു അജ്ഞനെന്ന് വെച്ചാൽ അവിടെ അജ്ഞാനം എന്നൊരു എന്താണ് ആത്മാവിന് കർത്താവും ഭോക്താവായ ഒക്കെ അറിയുക അല്ലെങ്കിൽ പറയുന്ന ആത്മാവിനെ അറിയാതിരിക്കുക ജനിക്കാത്ത ഉണ്ടാകാത്ത എന്ന് വെച്ച ഉത്തരകാന്ഡത്തില് ഞാനം ഉണ്ടായില്ല എപ്പോ എപ്പോണ്ടായില്ല പൂർവകാന് കർമ്മം ചെയ്യുമ്പോ തസ്മാ പുരസാദ ഉത്തരകാന്ഡത്തിലെ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കർമ്മവിധികൾ സോചിതം വ്യവഹാരം നിർവർത്തേന്ത അവിടെ വിധിച്ചിരിക്കുന്നതിനു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അനുപജാതേന ബ്രഹ്മജ്ഞാനേന അപ്പോ ബ്രഹ്മജ്ഞാനം ജനിച്ചിട്ടില്ല ജനിക്കാത്ത ബ്രഹ്മജ്ഞാനമായിട്ട് നിരോധം ശക്യ അതുകൊണ്ട് പൂർവകാന്ഡത്തിലെ കർമ്മത്തെ നിരോധിക്കാൻ കഴിയത്തില്ല പൂർവകാന്ഡത്തിലെ വിധിച്ചിരിക്കുന്ന ആ കർമ്മങ്ങളെ ഉത്തരകാന്ഡത്തിലെ ജ്ഞാനം കൊണ്ട് തടയാൻ കഴിയത്തില്ല നടത്തും എന്തുകൊണ്ട് അത് അജ്ഞന്റെയാണ് ഉത്തരകണ്ഡത്തിലെ ഞാനുള്ളതാണ് തത്വജ്ഞന്റെയാണ് അപ്പൊ അജ്ഞനത് ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ തത്വജ്ഞന്മാര് അവരുടെ വഴിക്ക് ആയിരിക്കും പോകുന്നത് അജ്ഞന്മാര് അവരുടെ വഴിക്കായിരിക്കും പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വഴി രണ്ടാണ് അപ്പോ ഈ തത്വജ്ഞന്റെ ജ്ഞാനം അജ്ഞന്റെ അജ്ഞാനത്തെ മാറ്റുന്നില്ലെന്നാണ് പറയുന്നത് മനസിലായ വേദം പോലും എന്താ ചെയ്യുന്നു രണ്ട് കണ്ടമായിട്ട് നിന്നിട്ട് അജ്ഞന്മാരെ കൊണ്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു അതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു ഇപ്പൊ തത്വജ്ഞാനിയുടെ ജ്ഞാനം ഈ അജ്ഞന്റെ കർമ്മത്തെ ഇല്ലാതാക്കില്ല ഗുരുവിന്റെ കാര്യങ്ങളും ഈ ഒരു വെളിച്ചത്തിലൂടെ മനസ്സിലാക്കും ഗുരു എന്ത് ചെയ്തു അജ്ഞന്മാർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ഗുരുവിനറിയാമായിരുന്നു ഇതെല്ലാം അസംബന്ധമാണെന്ന് അറിയാമായിരുന്നു ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് അതില്ലാതാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഗുരുവിന്റെ ജ്ഞാനം ഗുരുവിലായിരിക്കും ഈ ബോധമില്ലാത്ത മനുഷ്യരുടെ ുള്ളിൽ ഗുരുവിന്റെ ജ്ഞാനം വരത്തില്ല അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തേ ചെയ്യാൻ പറ്റുമോ ഏ അവരുടെ അജ്ഞാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് കർമ്മകാന്ഡത്തില് പറഞ്ഞിരിക്കുന്നതിനും അധികാരിയായിട്ടുള്ളവരുണ്ട് അവരത് തന്നെ ചെയ്യും ജ്ഞാനകാന്ഡത്തിൽ ഉള്ള ജ്ഞാനം കൊണ്ട് അതില്ലാത്തില്ല അപ്പം ഗുരു ഞാനായിരുന്നല്ലോ ഗുരു ഞാനും ആയിരുന്നപ്പ എന്തുകൊണ്ട് ഇവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് ചോദിക്കാൻ അർത്ഥവുമില്ല ഗുരു ജ്ഞാനിയാണെങ്കിലും മറ്റുള്ളവരൊക്കെ എന്താണ് അജ്ഞാനികളാണ് അപ്പൊ ഈ അജ്ഞാനിക്ക് വേണ്ടിയിട്ട് ഗുരു ചെയ്തു കൊടുത്തത് അതെല്ലാം ഗുരുവിന്റെ ജ്ഞാനമാണെന്ന് ധരിക്കാൻ പാടില്ല മനസ്സിലായോ ഈ പറയുന്ന അമ്പലങ്ങളും പ്രതിഷ്ഠകളും പൂജകളും ഹോമങ്ങളും ബലികളും അത്ഭുത സിദ്ധികളുമെല്ലാം എവിടെ ആണുള്ളത് അജ്ഞാനികളത് പറഞ്ഞുകൊണ്ടിടക്കും അത് അജ്ഞാനിയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അതെല്ലാം ഗുരുവിന്റെ ആണെന്ന് ധരിക്കാൻ പാടില്ല ഗുരുവിന് അതുമായിട്ടൊന്നും ഒരു ബന്ധവില്ല എന്നു മനസ്സിലാകണം അത് ആണ് പറയുന്ന ഈ കർമ്മകാണ്ടത് ജ്ഞാനകാണ്ടതെന്ന് പറയുന്ന വ്യത്യാസം അച്ഛന്മാർക്ക് വേണ്ടി മാത്രമുണ്ടാക്കി വെച്ചതാണ് അത് തുടരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞന്മാരുടെ ജോലി എന്ന് പറയുന്നത് ഞാനെ സമ്പാദിക്കുകയാണ് ഞാനെ സമ്പാദിച്ച പിന്നെ അവരത് തുടരത്തില്ല ഞാനും സമ്പാദിച്ചില്ലെങ്കിൽ അവരത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ യോഗ സുദ്ധികളൊക്കെ എവിടെയാളുള്ളത്മാർ ആ അജന്മാരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അറിവുമാണ് അത് ഗുരുവിനതുമായിട്ടൊന്നും ബന്ധമില്ല പക്ഷെ അവരെ ക്രമേണ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിട്ടാണ് നിലകളെ കൊണ്ടുവന്ന് പക്ഷെ വെളിച്ചം ജ്ഞാനത്തിന്റെ അടയാളമാണ് നിങ്ങളുടെ ഉള്ളിലും വെളിച്ചം വരണം മനസ്സിലായോ വെളിച്ചം വന്നാൽ പിന്നെ ഈ വിഗ്രഹവും ആരാധനയും പൂജയും ഒന്നും ആവശ്യമില്ല വെളിച്ചമില്ലെങ്കിൽ ഇത് വളരെ സ്പഷ്ടമായി ലോകത്തിന് ഗുരുവിനെ പോലെ ആരും കാണിച്ചു കൊടുത്തിട്ടില്ല ഈ ചരിത്രത്തിൽ ആരാ കാണിച്ചു കൊടുത്തിട്ടുള്ളത് വേറെ ആ മായ ഇതെല്ലാം കാണിച്ചു കൊടുത്തു അത് പ്രതിഷ്ഠ ഉണ്ടായ കൊടുക്കും പ്രതിഷ്ഠകളിൽ മാറ്റം വരുത്തി പിന്നെ അവന് എന്താണ് നിലകളൊക്കെ വരെ കൊണ്ടുവച്ചു എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്താണ് ഇത് മനുഷ്യനെ മാറ്റാൻ വേണ്ടിട്ടാണ് അതീ കെട്ടിയിടാൻ തിളച്ചിടാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടാണ് കാണിച്ചു കൊടുത്തു എന്ന ആൾക്കാർ മനസിലാവുന്നുണ്ട് ഇല്ല നിലവിളക്കിന്റെ അടിയിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കും നിലവിളക്കെടുത്ത് മാറ്റിയിട്ട് പ്രതിഷ്ഠിക്കും അതടത്ത് മാറ്റിയിട്ട് പ്രതിഷ്ഠിക്കും പിന്നെ ഗുരുവിന്റെ ശിഷ്യന്മാരും എന്താ പറയുന്നത് ഗുരുപോലെ നിലവിളക്ക് പ്രതിഷ്ഠിച്ചു ഈ ഗുരുവിന്റെ ശിഷ്യന്മാരെയോ പ്രേക്ഷത്തി ആരെങ്കിലും എവിടെങ്കിലും ഒരു മണ്ണെണ്ണ വിളക്കെങ്കിലും പ്രദക്ഷിച്ചിട്ടോട്ടെങ്കിലും ഒരു ത എവിടെയെങ്കിലും ഒരു മണ്ണെണ്ണ ഉം അത് ചെയ്യും ഗുരുവിന്റെ ഗുരു കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി പുതുതായി ഒന്നും ആരെയും പഠിപ്പിക്കണ്ട കൂടുതൽ പുരോഗമനമൊന്നും വേണ്ട എല്ലാ പുരോഗമനത്തിന്റെ അങ്ങനെ അറ്റം വരെ ഗുരു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പുരോഗമനത്തിന്റെ പരമാവധി ഗുരു ആണ് ഈ വഴിക്കാ പോവേണ്ടത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൊറേയൊക്കെ സാമിമാർക്കൊക്കെ അറിയാ എന്നാലും തൊട്ട് ഒരു വിഷയ തൊട്ട് തൊട്ടെന്ന് പറയുന്നത് ഏ അതിനു വേണ്ടിട്ട് പോയിട്ട് കോലാകാല അതുകൊണ്ട് എന്താണ് അനുപജാതേന ബ്രഹ്മജ്ഞാന അപ്പൊ അവനെല്ലാം ബ്രഹ്മജ്ഞാനം വന്നിട്ടില്ല അനുപജാതമാണ് ജനിച്ചിട്ടില്ല ആരെല്ലേ ഈ കർമ്മകാണ്ഡത്തിൽ കിടക്കുന്നു അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് ഇതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല അതീ കിടക്കുന്നിടത്തോളം കാലം പക്ഷെ ഇല്ലാതാക്കാനുള്ള വഴിയാണ് വിഗ്രഹം കളഞ്ഞിട്ട് എവിടേക്ക് വരിക ഈ ശിവരിയുടെ മേള ഗുരു ആദ്യം ഒരു എന്താണ് ശിവലിംഗം കൊണ്ടുവച്ച് മനസിലായു ശിവലിംഗം കൊണ്ടു വെച്ചിട്ട് കൊറച്ചൂന്ന് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അവിടെ ഓലപ്പര ഉണ്ടായിരുന്നു ശിവലിംഗത്തി എന്തായാലും തീ പിടിക്കില്ലല്ലോ കല്ലേ ഓലപ്പര ഉണ്ടായിരുന്നു അതായത് തീ സാധാരണ ആൾക്കാരാണെങ്കി എന്ത് ചെയ്യും ഒരു ബാലാലയ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠത്തി ആഘോഷിക്കും ഗുരുവായനടുത്ത് കളഞ്ഞു അതെന്തേലും അതിന്റെ പീഡത്തില് പീഡത്തിൽ ഇത്രേയുള്ളു പിന്നെ എവിടെ ജ്ഞാനേശ്വരത്ത് എന്താണെന്ന് ഇവിടെ പറയും ഓരോ പുര ഉണ്ടാക്കി വെറും ഓരോ ഉണ്ടായിരുന്നു അന്നതിനുള്ള പണമൊന്നും ഇല്ലല്ലോ കെട്ടണം കിട്ടാനും തുടങ്ങി കാണമല്ലേ അതൊരു പക്ഷെ ആരെങ്കിലും ശത്രുക്കൾ വന്ന് തീ ഉളുത്തിയത് പോവാതി അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പരിസരത്തുള്ള ആൾക്കാർ വന്ന അവിടെ കുന്നിൽ ഒരു സ്വാമി അതൊക്കെ ചെയ്യുന്നു എന്നാൽ ആൾക്കാരൊക്കെ സാമൂഹ്യ വിരുദ്ധമാർഗ്ഗം അതൊരു രസമാണ് അവരൊന്നു എന്തെങ്കിലും ചെയ്തായിരിക്കും അവർ രാത്രി ഒന്ന് കത്തിച്ചു പോയായിരിക്കും അതേ ചിലപ്പോ ഗുരു വിചാരിക്കും എന്നാ പിന്നെ എമ്മൊന്നും വഴക്കിനണ്ട വേണ്ട തൽക്കാലം അങ്ങനെ കിടക്കട്ടെ ഗുരു ആരോടും ഏറ്റുമുട്ടുന്ന രീതി അല്ലല്ലോ അതുകൊണ്ട് പറയുന്നു എന്താണ് കർമ്മകാണ്ടത്തിൽ ഇരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കും അവർക്ക് ജ്ഞാനം ഇല്ലാത്ത അത് തുടരും എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ പരസ്പര അപഹതി ഇത് രണ്ടും അങ്ങോട്ട് ഏറ്റുമുട്ടി രണ്ടും പരസ്പരം നശിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ബോധമില്ലാത്തവൻ അതിന്റെ പുറകെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ബോധമുള്ളവൻ അങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് പരസ്പര നാശം വരുത്തുന്നില്ല എന്നറക്കും അതുകൊണ്ടെന്ന് പറയുന്നത് ലോകത്തിന് എത്രയൊക്കെ തത്വവിജ്ഞാനികൾ ഉണ്ടായാലും ഈ കർമ്മ കാണ്ടും മറ്റിടപാടുകളെല്ലാം എന്ത് ചെയ്യും കാലം അത് കുറഞ്ഞു വരും ജനങ്ങൾക്ക് തത്വവിജ്ഞാനം ഉണ്ടായാലെങ്കിലും കോമൺ സെൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ എടുത്തു കളയും അതിനൊന്നും വലിയ ഇതുണ്ടാകത്തില്ല രമണ വർഷിക പറയുന്ന എല്ലാ തത്വ ഇതാണ് തത്വജ്ഞാനത്തിന്റെ ഒരു തലത്തിൽ ഇതെല്ലാം കാണുകയാണ് ഗുരുവിനെ അതിനോട് ഉപമീക്കാൻ പറ്റില്ല ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെ രമണ മഹാഷയുടെ കാഴ്ചപ്പാട് മനസിലായ രമണ മഹാഷിക്ക് എന്താണ് അരബോധം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ എല്ലാം തത്തും തത്ത് ഞാൻ ഗുരുവിനങ്ങനെ മുഴുബോധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ എന്താണ് മുഴുവോധം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞെന്താണ് ആ സമൂഹത്തെക്കുറിച്ചും ബോധമുണ്ടായിരുന്നു അത് രമണവർഷിക്കില്ലായിരുന്നു രമണവർഷി എന്ത് പറഞ്ഞാലും ഒരു ഉണക്ക വേദന പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തു പറഞ്ഞാലും ഇതാർക്കാ പറയാൻ അതൊരു വലിയ കാര്യമൊന്നും അല്ല ഗുരു അങ്ങനെയല്ല ഗുരുവിന് സമൂഹത്തെ കുറിച്ച് ബോധമുണ്ടായിരുന്നു ഗുരുവിനെപ്പോഴും ഈ ഒരു ചിന്തയുണ്ടായിരുന്നെന്താണ് കഷ്ടം സ്ഥിരം പിടിച്ചോ മധുരം അപ്പൊ ഒരിക്കലും രവണ വർഷിയും ഗുരുവിനെയൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല വേദാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടേ എനിക്ക് ആര് ചോദിച്ചാല് അത് ഇഷ്ടമുള്ളവർക്ക് അത് ശരിയാണ് കാര്യമാണ് പക്ഷേ സമൂഹത്തിനതുകൊണ്ട് എന്താകണം സമൂഹത്തിനതുകൊണ്ട് കാര്യമൊന്നും ഇല്ല ഗുരുവങ്ങനെയല്ല ഗുരുവിന്റെ മുമ്പിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നു തത്വത്തെ കുറിച്ച് ശരിക്കും ഗുരുവിനും ബോധം ഉണ്ടായിരുന്നു ഇത് ശങ്കരായാർക്കും ഉണ്ടായിരുന്നു കണ്ടോ രമണ ഊർഷിയെ പോലെ ഈ ഉണക്ക വേദാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ ശങ്കരായ ശങ്കരാചാര്യെന്താ ചെയ്തത് ആ ശങ്കരായ ജാതി ഒക്കെ ഉണ്ടാക്കാനും പിടിപ്പത് മണിയായിരുന്നു അല്ലെ തത്വം പറഞ്ഞുകൊണ്ടിരുന്നയാളാ പുസ്തകം വഴി അതൊക്കെ ശരിയാണ് പക്ഷെ പുഴയുടെ ഈ ചാതുർവർണ്ണി പ്രോജക്റ്റുമായിട്ട് നടന്നയാളാണ് ഭാരതമുണ്ട് അപ്പോ അത് ഉണ്ടായിരുന്നു പക്ഷെ അത് വേറെ രീതിയിലാണെന്നേ ഉള്ളു ശരിയായ ദിശയിലായിരുന്നില്ല ശരിയായ ദിശയിലല്ല അപ്പോ ആ ശരിയായ ദിശയിലത് കൊണ്ടുപോവുകയാണ് ഗുരു ചെയ്തത് കാലം മാറിയത് കൊണ്ട് ഗുരുവിന്റെ കാലം ശങ്കരകാലത്ത് മനുഷ്യർ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് ഗുരുവിന്റെ കാലം വന്നപ്പോ മാറി അപ്പൊ ഇതൊന്നും ചിലടത്തൊക്കെ താരതമ്യപ്പെടുത്താം ചിലടത്ത് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല പ്രാപിക്കുക പ്രാപിക്കുക ഇവിടെ പുരുഷജ്ഞാനം അപനിഷമായി ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന പ്രശ്നം ഞാൻ ഞാനിത് ആരെങ്കിലും മോശമെന്നല്ല പറയുന്നു അങ്ങനെ ധരിക്കരുത് കേട്ടോ ഉം അപ്പൊ പറയുന്ന ഇതാണ് രമണമഹർഷി എന്ന് പറയുന്നത് ഇങ്ങനെയും തത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഒരു ലോകത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ തത്വത്തെ ഇഷ്ടമുള്ളവർ തത്വമൊക്കെ അറിയാമെന്നുള്ളവർക്ക് രമണ മഹർഷി അത് മതി ഗുരു അങ്ങനെയല്ല ഗുരു എന്ന് മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചയാളാണ് തത്വവും അറിയാൻ തത്വവും പറയും പക്ഷെ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു ആ മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഗുരു ചിന്തിച്ചു പാവപ്പെട്ടവനെയും കഷ്ടപ്പെടുന്നവനെ കുറിച്ചു ശങ്കരാചാര്യ ഇത് രണ്ടും ചിന്തിച്ചു തത്വത്തെക്കുറിച്ചും പറയും മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു പക്ഷേ ശങ്കരാചാര്യ ചിന്തിച്ചാതിയെ കുറിച്ച് ഇത്രയും വ്യത്യാസങ്ങളാണ് ഇവര് തമ്മിലുള്ളത് ഉം വിദ്യാവത് പുരുഷ ഭേദേന വ്യവസ്ഥ ഉപത്തെഹ വിദ്യാ പറയുന്നത് വിദ്യ അവിദ്യാവത് പുരുഷ ഭേദേന വ്യവസ്ഥ വിദ്യാവത് പുരുഷനും അവിദ്യാവത് പുരുഷനും വിദ്യ ഉള്ളവനും അവിദ്യ ഉള്ളവനും എന്നുള്ള വ്യത്യാസത്തിൽ ഇതെല്ലാം കാണണം വ്യവസ്ഥ വ്യവസ്ഥപ്പെടുത്തുന്നു അങ്ങനെ വിദ്യയുള്ളവന് ഈ കർമ്മങ്ങളൊന്നുമില്ല അവിദ്യ ഉള്ളവന് ഈ കർമ്മങ്ങളെല്ലാം പരസ്പര വിരോധമൊന്നുമുണ്ട് ഒരു കൂട്ടർ അവിദ്യ ഉള്ളവരാണ് അവര് ഈ യാഗവും കോമവും മറ്റുമൊക്കെ ചെയ്തു നടക്കുന്നു അവര് സിദ്ധിയുടെ അതിൻ്റെയൊക്കെ പറയാ പോകുന്നു വേറെ കൂട്ടര് വിദ്യ ഉള്ളവര് അവരെന്ത് ചെയ്യുന്നു അവര് തത്വജ്ഞാനത്തെ മനസ്സിലാക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കും പുരുഷ ഭേദന വ്യവസ്ഥ പ്രാണികളെയും കൊല്ലരുതെന്ന് പറയുന്നു വേദത്തിന്റെ വചനമാണെന്നും അല്ലെന്നും പറയുന്നുണ്ട് കേട്ടോ വേദത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഇല്ലെന്നും പറയുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാശയുണ്ട് പ്രാണികളെ ഒന്നും കൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നു അതിനെ വേദത്തിന്റെ ഉപദേശമായിട്ട് എടുക്കുക ഇത് സാദ്ധ്യംശേവി സാദ്ധ്യാംശം ഹിംസാംശിട്ട് സാധ്യഹിംസയാണ് അപ്പോ ആ ഹിംസയെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഹിംസർവാദാന വേദം പറയുന്നു ഒന്നിനെയും കൊല്ലം ഹിംസയെ നിഷേധിക്കുന്നു സദ്യ അംസന്ധിച്ച ഹിംസെ നിഷേധിക്കുന്നു അടുത്ത് പറയുന്നത് അഭിചരൻ യജയത സേന യാഗത്തിന്റെ പേരാണ് സേനയാഗം കൊണ്ട് അഭിചരൻ യജയത അഭിചാരം ചെയ്യണമെന്നാണ് എന്തിനു ശത്രുവിനെ കൊല്ലാൻ സേനയാഗം കൊണ്ട് അഭിചാരം ചെയ്തു കഴിഞ്ഞാൽ ശത്രു മരിക്കും എന്നാണ് അപ്പൊ ഇത് ഹിംസയാണ് വിരിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഹിംസ ഇതിൽ നിന്നാണ് നമ്മുടെ പിൽക്കാലത്തിന്നത്തെ കൂടോത്തുറ വിചാരവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നത് എല്ലാം വരുന്ന ആ അഭിചാരമെന്നുവെച്ചാ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ക്ഷുദ്രകർമ്മങ്ങൾ അതെങ്ങനെ ചെയ്താലും ശരി ഓന്ദനെ കൊണ്ടുതാനും പച്ച ഓന്ദന പിടിച്ച് എന്താണോ ശത്രു സംഹാര പൂജകളെല്ലാം നമ്മളിവിടെ കാശ് വാങ്ങിച്ചോണ്ട് ഏടെ എത്ര പേരെഴുതി വെച്ചിരിക്കുന്ന സമാധി ഇത് കൊറേ ഉണ്ടല്ലേ പോയിട്ട് അത് മറ്റത് മരിച്ച ാണ് എന്താണ് ഇത്രയും ചെയ്യുന്നതിന് വെയിറ്റ് കൂട്ടിയാ മതി എണ്ണം കുറച്ചു കഴിഞ്ഞാൽ കൊറച്ചൊരു മാന്യതയാണ് ഇതിന്റെ ചില അമ്പലങ്ങളൊക്കെ വന്ന് അങ്ങോട്ട് കേറി ചെല്ലുന്ന ഇത്രയും പൊക്കത്തുള്ളൊരു പോൾ ഞാൻ മലർന്നു നോക്കി വായിക്കണം എന്തൊക്കെയാണ് പൂജകൾ എഴുതി വെച്ചിരിക്കുന്നത് ആ അതെ ഇതിന് അത്രയും താരം താഴാൻ പാടില്ല ഒരു അഞ്ചു പൂജ വെയിറ്റിനിരുന്നോട്ടെ ഇത്തിരി വെയിറ്റ് ബോഡി ചെറുതായിരിക്കുന്നത് ഒരു മാന്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാശ് വേണം വേണ്ടെന്ന് പറയുന്നു എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നത് എന്താണ് എല്ലാ പടക്ക കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വേണം വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടാകുന്നത് എന്നാലും അതിനൊരു മാന്യത ഉണ്ടായിരിക്കുന്ന എന്താണ് അപ്പൊ സേനേനെ അഭിചരൻ ഇത് ഈ അഴി വച്ചിരിക്കുന്നതൊക്കെ നമുക്ക് എന്തുമാത്രം ദോഷം ചെയ്തിട്ടുള്ളറിയാം ഇത് രാജാക്കന്മാര് ചെയ്യേണ്ട സേനയാകും ഒരു ശത്രുവായൊരു രാജാവ് ഉണ്ടെങ്കിൽ അടുത്തുള്ള രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ ഇവിടുത്തെ പുരോഹിതം പറഞ്ഞു കൊടുക്കുക ഇവനോട് എന്തു അഭിചാരം ചെയ്താൽ മതി ചത്തുകഴിഞ്ഞാ പിന്നെ രാജ്യം കീഴടക്കി സ്വന്തമാക്കാം ഇതാണ് പണ്ടത്തെ ആർഷ സംസ്കാരം എന്ന് പറയുന്നത് ഇത് ദോഷം ചെയ്താതൊന്നുമല്ല ദോഷം ചെയ്തത് ഈ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ പുരോഹിതന്മാർ കൂടെയുള്ള രാജാക്കന്മാരുടെ തുറന്നു വെറുതെ ഇരുന്നാൽ മതി ഞങ്ങള് നടത്തി തരാം എങ്ങനെയാണ് സേനയാഗം ചെയ്തു തരാം സേനയാഗം ചെയ്തിട്ട് ഈ മുസ്ലിങ്ങളെയൊക്കെ ഇല്ല അമ്മമാർക്ക് അവർ അക്രമകാരികളല്ലേ അവരുടെ അടുത്ത് സേനയൊക്കെ നിർത്തി ഒന്നും പറ്റും അവരുടെ എന്താണ് അഞ്ചാം വേദം പറ്റിയ അവർ ആറാം വേദം അവർ ഇതിലും കിടത്ത സാധനങ്ങളും ഇവിടെ ഇത് ചെയ്യാൻ ഇതും കൊണ്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്ന അവരൊന്നെല്ലാത്തിനും തലവ് അറുത്തോണ്ട് പോയി പത്തായിരം കൊല്ലം ഇന്ത്യ അവർ കീഴ കീഴടക്കി വെക്കുകയും ചെയ്തിട്ടു ഒരു കാരണം ഇതാണ് യാഷ സംസ്കാരം ഇങ്ങനെയുള്ള ബഡ്ഡിത്തങ്ങൾ അത് ഈ വേലത്തമ്പി തടവയ്ക്കും പറ്റി ഇവിടെ ഒരു മന്ത്രവാദിയുണ്ട് ഇവിടെയാണത് ആ മന്ത്രവാദിയോട് ഞാൻ അവിടെ പോയിട്ടുണ്ട് മന്ത്രവാദിയുടെ വീട്ടില് ഒരിക്കലും വേലത്തമ്പിയെടുത്തു പറഞ്ഞ ബ്രിട്ടീഷുകാർ വന്ന് മുട്ടുമ്പോ മണ്ണടി അവിടെ അതിന്റെ അടുത്ത് മണ്ണടിക്കടുത്താണത് ഇപ്പോഴും ഉണ്ട് ആ വീടൊക്കെ തറവാടൊക്കെ ഒരു വല്യൊരു പാട്ടുമാക്കലുണ്ടായിരുന്നു എന്താ അങ്ങനെ എന്തോ പേര ഞാൻ അഭിചാരം നടത്തി ബ്രിട്ടീഷുകാർക്ക് ഒന്നു തരാമെന്ന് പറഞ്ഞു വേലത്തമ്പി ബ്രിട്ടീഷുകാർ ആദ്യമൊക്കെ വേലത്തമ്പി പിടിച്ചു നിന്ന അവസാനം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് പട്ടാളം വന്നപ്പോൾ എന്ത് ചെയ്തു ഓടി ഓടി ഓടി ഓടി ഓടി ഓടി വേറെ വഴിയെല്ലാം ഓടുകല്ലെന്ന് ഓർത്തിണ്ട് അങ്ങനെ മുമ്പേ അറിയിച്ചു പൂജ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞാനതാ വരുന്നതെന്നോട് വേലത്തമ്പി അറിയാമുണ്ട് ഇനി പൂജാരി വേരത്തമ്പി വരുന്നപ്പോ ഞങ്ങള്ക്ക് മനസ്സിലായി ഒന്നും നടക്കില്ല അയാൾ ആത്മഹത്യ ചെയ്തു അയാളുടെ അങ്ങനെ താളിയോര കെട്ടുകളൊക്കെ എടുത്തിട്ട് തീ കൊളുത്തി അയാൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കി വേരത്തമ്പി കൊല്ലും തട്ടിപ്പ് കാരണം പറഞ്ഞത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്താണ് അവിചാരം ചെയ്ത് കൊല്ലാന്നൊക്കെ അതൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് പറയുമ്പോ ഒന്നിനെയും കൊല്ലരുത് ഭാഗത്ത് പറയുന്നത് എന്താണ് അഭിചാരം നടത്തിയിട്ട് ശത്രു രാജാവിനെ കൊല്ലാവുന്നു രണ്ട് ശാസ്ത്രമാണ് പ്രവർത്തമാനം നിംസാദിത്യനേനൻ അഭിരുദ്ധ്യത പറയുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ വിരോധം അല്ലേ ഇത് ഒരിടത്ത് കൊല്ലരുതെന്ന് പറയുന്നു വേറെടുത്ത് എന്ത് പറയുന്നു ശത്രുവിനെ സേനയോഗം നടത്തി കൊല്ല അഭിചാരത്തെക്കുറിച്ച് പറയുന്നു ഇത് വിരോധമില്ല ഇല്ലെന്നാ പറയുന്നു രണ്ടും തമ്മില് വിരോധമൊന്നും എന്തുകൊണ്ടില്ല തത്കസ്യേദോഹോ എന്താ കാരണം വിരോധമില്ലാത്ത പറയുന്നു പുരുഷ ഭേദാതിരി രണ്ടും രണ്ടുകൂട്ടർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് രണ്ടു ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് എങ്ങനെ അപജിത ക്രോധാരാദേഹ പുരുഷ നിഷേധേ അതിക്രിയന്ത ക്രോധം കോപം ആരാധി ശത്രുത ഇതിനെയെല്ലാം ജയിച്ചവർ മനസ്സിലൊന്നും ഇല്ലാത്തവർക്ക് എന്താണ് അവർക്കാണ് നിഷേധം ഏത് അഹിംസ ഭൂതാരി ഒരു പ്രാണിയേയും കൊല്ല അപ്പോ അടുത്ത രാജാവിനോട് ദേഷ്യമില്ല അയാളോട് ശത്രുതയുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ത് ഹിംസയാ സർവ ഭൂതാനും ഒരു പ്രാണികളെയും കൊല്ലണം അവനെന്തിനു കൊല്ലണം അവന് വിരോധമില്ലല്ലോ ആരോടും അതാണ് അപജിതം ജയിച്ചത് എന്തിനു ജയിച്ചു ക്രോധത്തെയും ആരാധയൊക്കെ ജയിച്ച പുരുഷന്മാർക്ക് നിഷേധം ക്രോധ ആരാധി വശീകൃതാസ്തു ക്രോധവും ശത്രുതയും കീഴ്പ്പെടുത്തിയവര് സേനാദിശാസ്ത്ര അവർക്ക് അധികാരം സേനശാസ്ത്രത്തിലാണ് അവരവിചാരം ചെയ്യുന്നത് ആരാധയഹോലെ വായിച്ചാണ് ക്രോധ ആരാധിവശീകൃത വസ്തു ക്രോധവും ശത്രുതയും കീഴ്പ്പെടുത്തിയവരെ സേനാദിശാസ്ത്ര അവർ അഭിചാരം ചെയ്യും അപ്പൊ ഇത് വിരോധമില്ല ഇത് വ്യക്തിഭേദമനുസരിച്ചിട്ടുണ്ട് ആർക്കാണോ ക്രോധം ഉള്ളത് അവരഭിജ്ഞാനം ചെയ്യട്ടെ ആർക്കാണോ ക്രോധമില്ലാത്തത് അവരൊന്നിനും കൊല്ലാതിരിക്കട്ടെ അതാണ് ഭേദത്തിന്റെ നിലപാട് ഇത് തന്നെയാണ് ഇവിടെ ആർക്കാണോ അജ്ഞാനമുള്ളത് അവൻ കർമ്മം ചെയ്യട്ടെ ആർക്കാണോ ജ്ഞാനം ഉള്ളത് അവൻ കർമ്മം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടെന്താണ് ഇവിടെ പറഞ്ഞല്ലോ പ്രാക്തഥാഭൂത ആത്മവിജ്ഞാന പ്രവർത്തമാനം ശാസ്ത്രം അവിദ്യാവത് വിഷയത്വം ആത്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ശാസ്ത്രം അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു അവനെ അതിവർത്തിക്കത് വിശദീകരിക്കുന്നു എന്നാണ് അടുത്ത് പുരുഷ വിഷയത്വം ആശ്രയിച്ചാണ് ഇരിക്കുന്ന ശാസ്ത്രങ്ങൾ ഞാൻ അതിവർത്തന്ത അതിവർത്തിക്കുന്നില്ല യഥെന്ന് പറഞ്ഞത് തഥൈവസ് പറയ അതിനെ വെളിപ്പെടുത്തുന്നു തഥാഹി പറയുന്നു തഥാഹി ബ്രാഹ്മണോ യജേത ഇത്യാദീനി ശാസ്ത്രമാണ് ആത്മനി വർണ്ണ ആശ്രമ വയോ അവസ്ഥാദി വിശേഷാധ്യാസം ആശ്രിത്യ പ്രവർത്തന്ദേട്ടോ ഇവിടെ വളരെ സ്പഷ്ടമാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തില് കുറെ ബി ജെ പി സ്വാമിമാരുണ്ട് അവരെല്ലാം പറയുന്നത് വർണ്ണം വേറെയാണ് ജാതി വേറെയാണെന്ന് അങ്ങനെയല്ല കള്ളം പറയുന്ന അല്ലെ അറിവില്ലാത്തതുകൊണ്ട് പറ ഞാൻ പറയുന്നത് ബോധമില്ലാത്തതുകൊണ്ട് പറയുന്ന പിന്നെ വർണ്ണവും ജാതിയും ഒന്ന് തന്നെയാണ് വണ്ണത്തെത്താണ് ജാതി തെളിവ് തന്നെയാണ് രാജ രാജസ്വയേന ചെയ്ത് രാജാന്ന് വെച്ചാൽ ക്ഷത്രിയം അവനെന്ത് രാജസൂയ വേദങ്ങളെ പലയിടത്തും പറയുന്ന രാജസൂയ യാഗം ചെയ്യുന്നതിന് അധികാര ക്ഷത്രിയനാണ് വേദം ചെയ്യാൻ പറ്റും അതുകൊണ്ട് രാജസുടൊരുപാട് കാശം കൊടുക്കണം കാശാരുടെ ഇതിലേ ഉള്ളു അത് ക്ഷത്രിയു വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അത് ഇതിന്റെ വർണാഭ്യാസം പറഞ്ഞ് ജാതി ജാതി അധ്യസിക്കുക എന്ന് പറയുന്നത് ജാതി ജന്മം കൊണ്ട് ആസ്വദിക്കും ജാതി ശരീരത്തിൽ ആ ജാതി അതുകൊണ്ട് ഞാൻ ക്ഷത്രിയനാണ് എന്ന് ശരീര താതാത്മ്യമുള്ളവൻ അവൻ ക്ഷത്രിയ അവൻ എന്തു ചെയ്യുന്നു ക്ഷത്രിയ ജാതിപ്പെട്ടവൻ രാജസ്വയയാഗം ചെയ്യുന്നു എന്നുള്ളതാണ് ും മറ്റ് ജാതിയിൽ പെട്ട ഒരു രാജാക്കന്മാരായ അവർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് വേറെ യാഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചെയ്യാം അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള യാഗങ്ങൾ ചെയ്യാം ഇതാണ് വർണ്ണാധ്യാസം ജാതി അധ്യാസം ഞാശ്രമാധ്യാസ ഗ്രഹസ്ഥ സദൃശിയും ഭാര്യ ആശ്രമം വർണ്ണാശ്രമല്ലേ ആശ്രമം ആ ചതുരാശ്രമം പിന്നെ ആശ്രമാധ്യാസം പറഞ്ഞാ ഗൃഹസ്ഥ ഗാർഹസ്ഥ്യാശ്രമുണ്ട് അപ്പൊ ഗൃഹസ്ഥ സദൃശിയും ഭാര്യ ഗ്രഹസ്ഥൻ സദൃശ്യായ ഭാര്യയെ വാങ്ങി സദൃിയെന്ന് പറഞ്ഞാ എന്താണ് സ്വന്തം സ്വന്തം ജാതിയിലുള്ള ബ്രാഹ്മണനാണ് ഗൃഹസ്ഥനെങ്കിൽ ബ്രാഹ്മണജാതിയിലുള്ളത് ക്ഷത്രീയ ഗൃഹസ്ഥനാണെങ്കിൽ ക്ഷത്രിയ ജാതിയിലുള്ളത് വൈശ്യ ഗ്രഹസ്ഥനാണെങ്കിൽ വൈശ്യജാതിയിലുള്ളത് ഭാര്യ ഭാര്യയെ സ്വീകരിക്കേണ്ടതാണ് ഇവിടെ എന്താണ് ആശ്രമം ഇതൊക്കെ ശരീരത്തിലാണ് ഈ പറയുന്നൊക്കെ ആത്മാവ് ശരീരമായിട്ട് താതാല്മപ്പെടുകയാണ് ആത്മാവിലെന്നൊന്നും ഇല്ലല്ലോ ഇതൊക്കെ പിന്നെ മനസ്സിനു ശരീരത്തിനൊക്കെ വരുന്നു വയോധ്യാസ പ്രായത്തിനോട് അഭ്യാസപ്പെടുക എന്താണ് കൃഷ്ണകേശോ അഗ്നി ആ ദീത അതായത് കൃഷ്ണകേശു എന്ന് പറയുമ്പോൾ യുവത്വത്തിൽ തന്നെ എന്ത് ചെയ്യണം അഗ്നിഹോത്രത്തിന് വേണ്ടി അഗ്നി ആധാനം ചെയ്യണം വേദിയിൽ അഗ്നിയെ സ്ഥാപിക്കുന്നതാണ് അഗ്നി ആധാനം അഗ്നിയെ ഇങ്ങനെ സ്ഥാപിക്കുക പിന്നെ ദിവസവും അതിനെ സംരക്ഷിക്കുക എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം സായം പ്രാതം ജുഹോ രാവിലെ വൈകുന്നേരം അതിന് അഗ്നിഹോത്രം ചെയ്യുക അവിസൊക്കെ അർപ്പിക്കുക ഇത് എന്താണ് നേരത്തെ തന്നെ തുടങ്ങണമെന്നാണ് കൃഷ്ണകേശൻ എന്ന് പറയുന്നത് നരക്കുന്നതിനും അഗ്നി ആദീ അഗ്നി ആധാനം ചെയ്യുക അത് മരണം വരെ പിന്നെ തുടരണം തീയണയാനും പാടില്ല ഉമിത്തിയിൽ ഇടണമെന്നുള്ളതാണ് ഇനി അവസ്ഥ അതും പറയുന്നുണ്ട് ഇതൊക്കെ വേദത്തിലാണോ ചോദിച്ചാൽ അല്ല സ്മൃതിയിലാണോ ചോദിച്ചത് ശരീരത്തിനുള്ളൊരവസ്ഥ വരുമല്ലോ കർഗസ് പോലെയുള്ള അവസ്ഥ അല്ല എന്താണ് അപ്രതിസമാധേയം വ്യാധീനാം ജലാധിപ്രവേശന പഴയകാലത്ത് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാല് രോഗം എന്താണെന്നറിയത്തില്ല എങ്ങനെ ചികിത്സിക്കണോന്നറിയത്തില്ല കഠിനമായ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നു ഒന്നിങ്ങനെ ഏതെങ്കിലും പാറയുടെ പോർത്ത് കയറിയും താഴോട്ടൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു നല്ല ജലസമാധി അതെ അധ്യാസ അപ്രതി സമാധേം എന്ന് പറഞ്ഞാൽ മറുമരുന്നില്ലാത്ത വ്യാധീന വ്യാധികൾ വരുമ്പോ ജലാധിപ്രവേശേന ജലത്തിനും മറ്റും പ്രവേശിക്കാന്ന് വെച്ചാൽ മുങ്ങിച്ച പ്രാണത്യാഗീതി അപ്പ അവിടെയൊക്കെ അധ്യാസമാണ് നടക്കുന്നത് ആത്മാവ് ഈ പറയുന്ന അവസ്ഥയുമായിട്ട് താതാമ്യപ്പെടുന്നിട്ട് അയാൾ വിചാരിക്കുന്നു ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യെന്ത് ചെയ്യ വെള്ളത്തിച്ചാടിയും മരിക്കാം അങ്ങനെ ശശിമാൻസ്വാമി ഡിപ്രഷനൊന്നും മരത്തില്ല ആർക്ക് വെറുതെ പറയൂ ഡിപ്രഷനൊന്നും വരുന്നയാളൊന്നും വന്നു പിന്നെ കാര്യമാണ് എനിക്കറിയാത്ത ചാച് സ്വാമി ഇവിടെ വേറെ ആർക്കില്ല നിങ്ങൾക്കൊക്കെ എന്തറിയാം എനിക്കറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ ആ എന്തു അങ്ങനെയാണ് ഈ എലിയാണെന്ന് ഞാൻ പറഞ്ഞു ഇതുമായിട്ടു എലിയെന്ന് പറഞ്ഞു എലിയൻ തന്നെയാണ് അങ്ങനെ ആരും ആളും എന്താണ് ബോംബെയിലെ ഒരു അതുവലോക നേതാവ് ഉണ്ടായിരുന്നെന്താണ് ഹാജി മസ്താദ് അയാൾ ആരെങ്കിലും വരട്ടിയാ വരളൂ ആരെങ്കിലും അങ്ങനെ വരണുന്ന ആളൊന്നും അതൊക്കെ മറ്റുള്ളവർ പറയുന്നതിന് കേൾക്കേണ്ട കാര്യമില്ലല്ലോ അത് നമുക്ക് നേരിട്ട് അറിയാമല്ലോ ഒരാളുടെ സ്വഭാവം എന്താണെന്നും ആള് ഏത് രീതിയിലാണെന്നും പിന്നെ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഒക്കെ എവിടുന്നാ കിട്ടുന്നത് അല്ല കഞ്ചാവിന്റെ കിട്ടിയായിരിക്കും അവരൊക്കെയാണ് ഇപ്പൊ അതെ എനിക്ക് മനസ്സിലായി എവിടെന്നു വരുന്നതെന്ന് അവരൊക്കെ ആരോടെങ്കിലും മനസ്സ് തുറക്കുന്ന ആളാണോ പിന്നെ പ്രീതി വാങ്ങിട്ടില്ല പ്രീതി എന്താ വാങ്ങിക്കുന്നത് ക്രിമിനൽ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കും അത്രയാണ് നമുക്കറിയത്തില്ല ആരെയൊക്കെ രക്ഷപ്പെടുത്തിയെന്ന് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്ന് ഒക്കെ അറിയാമല്ലോ അറിഞ്ഞു താമസിച്ചു പോയി തന്നെയാണ് അറിയേണ്ട സമയത്ത് ഇറങ്ങില്ല എന്റെ അടുത്താണ് ഇപ്പൊ പറയുന്നത് ആര് പറഞ്ഞത് കഞ്ചാവ് പറഞ്ഞ കേട്ടിട്ട് എന്നോട് പറയുന്നു ഒരു പായും കിടന്നു ഞങ്ങൾ ഉറങ്ങിയിട്ടുള്ളതാ അറിയാ അത് വെറുതെ പറയുന്നതല്ല ശരിക്കും ഒരു പായല് കിടന്ന് ഒറ്റ പായല് കിടന്ന് ഞങ്ങൾ രണ്ടു ഉറങ്ങി വരാം അത് മാറ്റമുള്ള ചാക്കലോ കീഴ കിടന്ന് ഉറങ്ങി എന്റെ അടുത്താ പറഞ്ഞിരുന്നു ഏതോ കഞ്ചാവ് പറയുന്ന ആദിഗ്രഹണം ഇവിടെ പറഞ്ഞു ബ്രാഹ്മണോ യജേത ഇത്യാദീന ശാസ്ത്രമാണ് ഭാഷ്യത്തിൽ അതുകൊണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്നോണ്ട് എന്താ കഴുകണം ആദ്യം കഴുകണം മഹാപാതക ഉപപാതക സങ്കരീകരണം ആദി ഇനിയുണ്ടാകി അധ്യാസ ഉപസംഗ്രഹാർത്ഥം അതുകൂടെ എന്തായിരുന്നു നോക്കിക്കാം അതിലെന്താണ് അധ്യാസം ആദ്യം പറയുന്ന മഹാപാതകം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മപഥം ഉപപാതകം എന്ന് പറയുന്നത് എന്താണ് ഗോവധം രണ്ടാണ് അതായത് ബ്രാഹ്മണൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാവം ബ്രാഹ്മണനെ കൊണ്ടാണ് പിന്നെ ബ്രാഹ്മണന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള എന്താണോ പശു എന്തുകൊണ്ട് ബ്രാഹ്മണന്റെ പ്രധാന ആഗ്രഹം പാലും നെയ്യുമാണ് അത് രണ്ടാമത്തെ ഉപവാദം മനുഷ്യനെ കൊല്ലുന്ന വേറെ മനുഷ്യനെ കൊല്ലുന്ന മഹാവാദവും ഉപവാദം പിന്നെ സങ്കരീകരണ വ്യാഖ്യാനത്തിൽ മനു പറഞ്ഞിട്ടുണ്ട് അധ്യായം പതിനൊന്നിന് ഖര അശ്വഷ്ടം അജാ വധസ്തീകരണം എന്ന് പറയുന്നു കഴുതഅ കുതിര ഉഷ്ട്രം ഒട്ടകം വരാഹം പന്നി ഹജ ആട് അഭികം എന്താണ് ചെമ്മരിയാട് വധസ്ഥാസ് പിന്നെന്താണ് മീനം മീനിനെ കൊല്ലുക അഹി എന്താണ് സർപ്പത്തെ കൊല്ലുക മഹിഷ ഒരുമയെ കൊല്ലുക ഇതൊക്കെ സങ്കലീകരണമാണ് പിന്നെ അപാത്രീകരണം ഒരു പാതകമാണ് എന്താണ് നിന്ദനീയരായ വ്യക്തികളിൽ നിന്ന് ധനം സ്വീകരിക്കുക ദാനം സ്വീകരിക്കുക നിന്ദനീയരായ വ്യക്തികളാരാണ് ശൂദ്രം തുടങ്ങിയവരൊന്നും ദാനം സ്വീകരിക്കാൻ പാടില്ല പിന്നെ വാണിജ്യം ബിസിനസ് നടത്തുന്നു പാപം എന്തുകൊണ്ട് ബ്രാഹ്മണൻ ബിസിനസ് എല്ലാം ബിസിനസ് ചെയ്യുന്ന ആരാണ് പൈസ അവളുടെ പൈസ ചെയ്യുന്ന തൊഴിൽ മോശമാണ് പാപമാണ് എന്നാ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണ് ബ്രാഹ്മണൻ എന്താണ് ബിസിനസ് ബ്രാഹ്മണന്റെ ബിസിനസ് എന്താണ് പൗരോഹിത്യം ഏറ്റവും വലിയ ബിസിനസ് പിന്നെ ശൂദ്രസേവനം ശൂദ്രന്മാർക്ക് ഒരു സേവനം ചെയ്യാൻ പാടില്ല ചെയ്താൽ എന്താണ് പാപം കിട്ടും എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അപാത്രീകരണം അസത്യ അസത്യം പറയും പോലെ അതേ പാപമാണ് സൂദ്രന് സേവനം ചെയ്ത എന്നുവെച്ചാൽ സൂദ്രന് ആഹാരം കൊടുക്കുകയോ വസ്ത്രം കൊടുക്കുകയോ വീടുണ്ടാക്കി കൊടുക്കുകയോ വിദ്യാഭ്യാസം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവന് എന്തുവരും വലിയ പാപമാണ് എന്തുപാമെന്ന് പറയുന്ന നവാത്രീകരണം പറയുന്ന പാപമാണ് എന്ന് പറയുന്നതിനാണെന്ന് പറയുന്നത് ആർഷ സംസ്കാരം ആദ്യം ഇനിയും ഒരുപാട് മനസ്മൃതി വായിച്ചു പോകുന്നു ആദി വ്യാധികളെ കൂടുതൽ ഒരുപാടുണ്ടെന്ന് കൃമികീടവയോഹത്യ കൃമികളെ കൊല്ലുക കീടങ്ങളെ കൊല്ലുക വയസ്സെന്നില്ല പക്ഷി പക്ഷിയെ കൊല്ലുക ഇതെല്ലാം മദ്യ അനുഗത ഭോജനം ഭക്ഷണവും അതിനോടൊപ്പം മദ്യവും സേവിക്കുക ഫല ഏത ക്വിസ്മസ് ജയം ഫലം മോഷ്ടിക്കുക ഏത് വിറക് മോഷ്ടിക്കുക പൂക്കൾ മോഷ്ടിക്കുക അധൈര്യം ധൈര്യമില്ലാതിരിക്കുക മലാഭം അതാണ് മലിനീകരണം ഇതെല്ലാം ഈ പാവങ്ങളുടെ കൂട്ടത്തിലാണ് ശൂദ്രൻ എന്തെങ്കിലും സേവനം ചെയ്താൽ അതിനീ മനു ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ മനുവിന്റെ ഹൃദയവിശാലത എത്ര ഉണ്ടോ എന്ന് മനു എന്നു പറയുന്ന മഹാന്റെ മനസിന്റെ വിശാലത എത്ര വലുതാണ് ഹിംസകളെ പോലെയുള്ള ഒന്നാണ് ശൂദ്രന്മാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെന്ന് ഈ നാട്ടിലെ സൂത്രന്മാര് ഇത്രയും കഷ്ടപ്പെട്ടതിന് ഉത്തരവാദി ഒരു പ്രധാന ഉത്തരവാദിയായിരുന്നു ഈ ആരാണോ അയാളി തന്നെയാണ് ഉം